തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ചവരുടെ ഉദാഹരണം ഇപ്രകാരമാണ് ഒരു കൊടുങ്കാറ്റുള്ള ദിവസം കാറ്റത്ത് പറന്നുപോയ ചാരം പോലെയാണ് അവരുടെ കർമ്മങ്ങൾ തങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് യാതൊന്നിനും അവർക്ക് കഴിവുണ്ടാകുകയില്ല അതാണ് വിദൂരമായ വഴിപിഴച്ച അവസ്ഥ